ൂര അളവരുളാളനും നികറ്റ അൻപടയുമാകിയ അല്ലാഹുവൻ തൃപ്പയരൽ തോങ്ങുക അൽഹമുല്ലാ എല്ലാ പുഴും അല്ലാഹുക്കേ വാനങ്ങളെയും ഭൂമിയെയും പഠിത്തവൻ ഇരണ്ടിരണ്ടും മും മൂന്നും നന്നാനും ഇറക്കെ ഉള്ളവരായ മണക്ക് തൻ തൂരെ എടുത്ത് ചെൽവോ ആക്കിനാണ് താൻ ആടിയതായി പടൈപ്പിലേ മികുതപ്പെടുത്തുവാണ് നിശ്ചയമാ അല്ലാഹ് അനു കളി മീതും പേരാറ്റുടയവൻ മനുതാക്കൾക്ക് അല്ലാഹ് തൻ അരുൾ കൊടയിൽ ഇരുന്ന് ഒന്നേ തറപ്പനായും അതെ തടുപ്പർ എവരും അഞ്ചിയും അവൻ എത വിടോ അതെ അനുപ്പൂടിയവരും എവരും ഇല്ലും അവൻ യോ നിവൻ ഞാനം മിക്കവൻ മനിതേ ഉണ്ടമീത് അല്ലാഹ് വഴങ്ങിയുള്ള വാക്യങ്ങളെ സിന്ധിത്തുപാരുങ്ങൾ വാനത്തിലും ഭൂമിയും ഇരുന്ന് ഉണ്ടു അപ്പവൻ അല്ലാഹുവ അന് വേറെ പടൈപ്പാളൻ അവനെ അന്വേഷിക്കും അപ്പാൽ തരുപ്പീർത്തി ഇന്നും നബിയേ അവർ ഉണ്ടെപ്പിപ്പാണാൽ വൃന്ദാദീ ഇവറെ ഉമക്ക് മുൻ വന്ന തൂതകളെയും തട്ടമായി പൊയ്പ്പിത്ത അല്ലാഹുവിടമേ എല്ലാ കാര്യങ്ങളും മീട്ടപ്പെടും മനീകളേ നിശ്ചയമാകും ആകെ ഇവഴോധം ഏമാറ്റി വിടാം ഇന്നും ഷൈതാൻ ആകിയപൻ അല്ലാഹുമായി വിട്ടും ഏമാറ്റി വിടവു നിശ്ചയമാങ്ങൾക്ക് പകൈവനായി ആകെ നിങ്ങളും അവനെ പകൈവനാ എടുത്ത് അവൻ തന്നെ പിൻപറ്റും തൻ കൂട്ടത്താറെ അഴിപ്പതെല്ലാം അവർ കൊഴുന്ന് വിട്ടെറിയും നരക നെരുക്ക് ഉറിയവളായിപ്പേതാ യവർ സത്യത്തെ നിരാകരിക്കോ അവ കഠിനമായ വേദന ഉണ്ട് ആനാ യവർ ഈമാൻ കൊണ്ട് സാലികമലുകളോ അവ മുന്നിപ്പും മികപ്പെും നക്കൂലിയും ഉണ്ട് യവനുക്ക് അവനുടേലി കെടുവിയും അഴകാ കാണിക്കപ്പെട്ട് അവനും അതെ അഴകരാനോ അവൻ നേർവഴിപെട്ടവനെ പോലാവാനാ അഞ്ചിയും നിശ്ചയമാൻ നാടിയവരെ വഴി തവറും താൻ ആടിയവരെ നേർവഴിയ സേക്കറ അവ ഉയർ പോകും അളവുക്ക് വിസാരപ്പടാം നിശ്ചയമാ അല്ലാ അവൾ ചെയ്ത് നനു അറിപ്ലും അല്ലാഹ്താൻ കാറ്റുക അവളപ്പി ഓട്ടുക പിന്ന അവ വരണ്ട് ഇറന്ന് കിടക്കും നിലത്തിന് മീത്സുക മഴ പെയ്യു അതെ കൊണ്ട് നിലത്തെ അത് വരണ്ട് ഇറന്ന് പോണവും ഉയർപ്പിക്കോ ഇറന്ന് പോണവർ മറമയിൽ ഉയർവെട്ട് എഴുവതും ഇവറേ ഇരുക്കൾ എവൻ ഇണ്ണിയ നാടുകാനോ അവൻ എല്ലാ കണ്ണിയമും അല്ലാഹുക്കേ ഉറിയതാകും എറിന് കൊള്ളട്ടും തൂ്മയാണ് വാക്കുകളെല്ലാം അവൻ പക്കമേ നേ നല്ല അമൽ എല്ലാം അവളിടത്തിൽ ഉയരുക അഞ്ചിയും എവൾ തീമകളെ ചെയ്യ സതിളോ അവ കഠിന വേദന ഉണ്ട് ഇന്നും ഇവർ സതി അഴിന്ന് പോകും അഞ്ചിയും അല്ലാതെതാ ഉടലിൽ മണ്ണാൽ പഠിത്ത പിന്നർ ഒരു തുളി ഇന്ദ്രിയത്തിലെ ആൺ പെൺ ജോഡിയാ അവൻ ആക്കിനാണ് അവൻ അറിയാമൽ പെൺ ഗർപ്പം തരിപ്പതും ഇല്ലേ പ്രസവിപ്പതും ഇല്ലേ ഇവറേ ഒരുവരുടെ വയത് അധികമാക്കും അവരുടെ വയതിലിരുന്ന് കുറേപ്പതും ഇല്ലാമൽ ഇല്ല നിശ്ചയമാക്ക് എളിതാകും ഇന്നും ഇരണ്ട് കടലുകൾ സമമാക ഒന്ന് മികവും ഇനിമയ ദാഹം തീര കുടിപ്പതയായി മറ്റൊരു ഊർപ്പ കസപ്പ ും ഇ ഒന്നിലും സുവയാണ് മീൻ മാമിസത്തെ ഉണ്ണുകൾ ഇന്നും മുത്ത് പവണം പോകൾ അണിവീകരിച്ച അല്ലാഹുവൻ അരുളികൊക്കാൻ പ്രയാണം ചെയ്യും പോലീസ് കപ്പലുകൾ പിളു ചെൽവെയും കാണുക ഇങ്ങനെ നന്ദിസെത്ത അവനേ ഇരവ പകലിൽ പുത്തുക പകലെ ഇരവിൽ പുതുകര സൂര്യനെയും ചന്ദ്രനെയും തൻ അധികാരത്തു വയ്ത്തും കുറിപ്പിട്ടേ നടന്നു വരുക അവനേ ഉടനെ രപ്പാകിയ അല്ലാഷി എല്ലാം അവനുക്ക് ഉറിയതേ അവനെ അന്റി എഴക്കോ അവളികാരും ഇല്ല അവർത്തി അഴൈത്താലും അവൾ പ്രാർത്ഥനയെ അഴപ്പേർക്ക ും ചെവിറ്റാലും ഉപിക്കാട്ടിൽ ഇണ വയും അവരിവിടും യാവും നനു അറിവെ പോ അറിയിക്ക മനുതേ അല്ലാഹുവൻ ഉദവി എപ്പോഴും ഇരുപ്പവർ ആണോ അല്ലാഹ് എവരിടമും കേടാവൻ പുഴുക്ക് ഉറിയവൻ അവൻ നാടിനാൽ ഉണ്ടെ പോക്കിവിട്ട് വേറൊരു പുതിയ പഠിപ്പേ കൊണ്ടുവരുവാണ് ഇത് അല്ലാഹുക്ക് കഠിനമായതും അല്ല മറണ നാളിൽ തൻ്റെ ഒരുവൻ വേറൊരുവനുടേ സുമക്ക മാട്ട അങ്ങും പഴുവാന സുമയെ ചുമപ്പവൻ അതിൽ സിതേനും സുമെന്ന് കൊള്ളുംബടി വേറൊരുവനായി അഴൈത്താലും അവൻ സ്വന്തക്കാരനായി അതിൽ സിത അളവുകൂട അവടാ ൂട്ടി എച്ചല്ല പാർക്ക മുടാ അച്ചർ തൊഴുകയെ മുറപ്പടി ഒഴുകാ നെവേറ്റോ അവർ പരിശുദ്ധമായിരുന്നു അവർ തം നന്മക്കാ പരിശുദ്ധമാക്കി അല്ലാഹുവിടമേ യാവും മീണ്ടിള്ളത് കുരുടനും പാർവയുടേവനും സമമാട്ടേ ഇരുളും ഒളിയും സമമാക അവാറേ നിഴലും വിലും സമ അന്തിിയും ഉയരുള്ളവുകളും ഇറന്നവുകളും സമമാകട്ട നിശ്ചയമാവിയേർക്കുംപടി ചെയ്യാം ഖബറുകളിൽ ഉള്ളവർ കേൾ ചെയ് അച്ചമൂർത്തി എച്ചവരേ അൻ റി അല്ല നിശ്ചയമാകാം ഉമ്മ ഉണ്മയുണ്ട് നന്മാറായം കൂടുപരകും അച്ചമൂട്ടി എച്ചവരുക അനപ്പിയുള്ള അച്ചമൂട്ടി എച്ചവർ വരാത എന്ത സമുദായത്തവരും ഭൂമിയും അവർ ഉമ്മ പൊയ്പ്പിത്താണോ വിസലപ്പെടാതി ഇവർക്ക് മുൻ എന്തവും ഇവറെ പൊയ്പിത്ത അവളാണ് അത്താക്ഷികളും ആഗമങ്ങൾ ഒളി വീസും വേദത്തടനും വന്നിരുന്ന പിന്നെ നിരാകരിത്ത അവ പിടിച്ച് കൊണ്ടേ അവ വേദന എവ്വാർന്നത് നിശ്ചയമാനത്തിലിന് മഴയെ ഇറക്കുവെ പാർക്കില്ലയ പിന്നേ അതെ കൊണ്ട് പലവിധമായ നിറങ്ങൾ ഉടൻ കണികളെ വെളിയാകളിലിന് വെൺമയാനും സിവന്തതും തൻ നിറങ്ങൾ പപ്പല വിധമായവയാണ് പാറുകളും കരിയ നിറമുടയവും ആക ഇവയെല്ലാം അടുക്കടുക്കാ അമെത്തോം എന്തെയും നീർ പാർക്കവില്ല യുവാരെ മനുതും ഊർവനമുണ്ടോ കാലും പല നിലങ്ങൾ നിശ്ചയമാടിയാറുകളിൽ അമലുക്ക് അഞ്ചുവോരല്ല അറിഞ്ഞുകള അള്ളാഹ് യാവരെയും മികത്തവൻ മിക മന്നിപ്പവൻ നിശ്ചയമാവുകൾ അല്ലാഹുവേദത്തെ ഓതുകളോ തൊഴുകയെ മുറിയ കടപിടി ഒഴുകുകോ അളിത്തിപ്പതിലിരുന്ന് രഹസ്യമാവും വെളിപ്പെടാൻ അല്ലാഹു പാതയിൽ ആകിയ ഇവർ എറും അഴിയാ വ്യാപാരത്തെയേ ആദരവ് വഹിക്കാൻ അവർക്ക് ഉറിയ നക്കൂലിയെ അവൻ മുഴമയായ കൊടുപ്പൻ അരുളിലിന് അവതയ്പെ ഏറ്റക്കൊളവൻ നബിയെ നാം ഉമക്ക് വഹി മൂലം അറിയിത്തുള്ള ഇവേദം ഉം തനക്ക് മുൻപേ മേയ്പിപ്പതും ആകും നിശ്ചയമാൻ അടിയാർഗ്ഗ നനു ഉണർന്നവൻ പാർട്ടിക്കൊണ്ടിരിക്കും പിന്ന നം അടിയാറുകളിൽ നാം എവർ കളി തേർന്നെടുത്തോമോ അവത വാരിസാക്കിനോ ആണോ അവിയായം ചെയ്തു കൊണ്ടവുകളും ഉണ്ട് അവിലിരുന്ന് നടുനിലായി നടന്നുകൊണ്ടവിലും അല്ലാഹു അനുമതി കൊണ്ട് നന്മകൾ ചെയ്ത് മുന്തി കൊണ്ടവുകളും ഉണ്ട് ഇതുവേ മാും അത്തയവർ നിലയാണ് സുവനവതകളിൽ പുക അങ്ങനെ പൊന്നാലും മുത്താലും ആ കടകൾ അണിവിക്കുക ഇന്നും അങ്ങ് അവൾ പട്ടാൽ ആണവയായി എ വിട്ട എല്ലാ കവലുകളെയും പോക്കിയ അല്ലാഹുക്കേ എല്ലാ പുഴും ഉറിയതാകും നിശ്ചയമാങ്ങൾ ഇളവൻ മിക മന്നിപ്പവൻ നന്ക്കൊളവൻ എന്നും അവർ കൂടുവൻ തൻ അരുളിലെ എന്തെങ്കിലും നിലയാണ് വീട്ടിൽ എങ്ങനെ ഇരുക്കെ അതിൽ എന്ത്വിധമായ തങ്കണമും എങ്ങനെ തീണ്ടുവതി അതിൽ എങ്ങനെ എന്തോർകളും തീണ്ടുവില്ലും കൂടുവാൽ നിരാകരിത്തോ അവ നരക നെരുപ്പ് താൻ കളി മറിച്ച് പോകും ബാക്കി അവരുടെ കാര്യം മുടി അതി നരകത്തിലുള്ള വേദന അവലേസക്കടാ ഇവറേ നിരകരിപ്പർവർക്കും നാം കൂലി കൊടുപ്പോ ഇന്നും അന് നരകത്തിൽ അവർ എങ്ങൾ റപ്പേ നീ എങ്ങനെ ഇതെവിട്ട് വെളിയേറ്റവായാക തീയവറ്റൈവിട്ടും സാലികാള നല്ല അമലുകളോം കൂറി കവരുവാരിന് പാർക്ക കൂടിയവൻ അതിൽ സിന്ധി പൊരുട്ട് നാം ഉണ്ടുള കൊടുക്കില്ലയ ഉങ്ങളിം അച്ചമൂട്ടി എച്ചിപ്പവരും വന്നിട്ടു ആകെ നിങ്ങൾ ചെയ്ത അനിയായത്തിൻ്റെ പയനെ ചുവയുങ്ങൾ ഏനാൽ അനിയായക്കാരിയാളും ഇല്ല കൂടുവാ നിശ്ചയമാ അല്ലാ വാനങ്ങൾ ഉടയവും ഭൂമിയുടും രഹസ്യങ്ങളെ നനയങ്ങളിൽ മറന്നവറ്റെയും നിശ്ചയമാൻകറി അവൻതാൻ ഉണ്ടെ ഇ പ്രതിനിധികളാൻ എവൻ നിരാകരികാനോ അന് നിരകരിടേ കേ അവ നിരാകരിപ്പ് അവപ്പിടത്തിൽ കോപത്തെ അന്വേഷി വേറെ എതനെയും അധിക അന്റിയും നിരാകരിപ്പവകരിപ്പ് നഷ്ടത്തെ അൻ ഈ അല്ലാതെ പ്രാർത്ഥിച്ച് അഴൈക്കും ഉള്ള ഇണൈ ദൈവങ്ങളെ കവനിപ്പീകിയ കാണിയുണ്ട് അല്ലെങ്കിൽ വാനങ്ങളിൽ പഠപ്പിൽ അവതേനും കൂട്ട ഉണ്ടാ എന്റെ നബിയേ കള അളിക്കൂടിയ വേദത്തെ നാം അവക്കാരിൽ സിലരുവാൻ തിരി വേറില്ലേ നബിയേർ കൂറും നിശ്ചയമാരണ്ടും വിലസുവിടാ തന്നമാ അല്ലാതെ തടുത്തക്കൊണ്ടിരിക്കും വിലകുമായും അറേ എവരുംവരണ്ടെയും താൻയുടയവൻപവൻ അവട്ടി എച്ച എം ആയി നിയ താങ്കൾ സമുദായത്തെയും വിട മിക പാതയിൽ വിടുവതാ അവർ അല്ലാഹുവ മീതു ബലമാ പ്രമാണങ്ങളെ കൊണ്ട് സത്യം ചെയ്താൽ ആയിനും അവട്ടി എച്ച വന്നപോലും അത് അവപ്പെ തവെതയും അധിക അത് പെരുമയടിവള ഭൂമിയ തീമുകള സൂക്ഷി ചെയ സൂക്ഷി അവർ തവരെയും സൂന്തു കൊള്ളാ ഇവർക്ക് മുൻസെങ്കോ ഇവർക്ക് മാറും ദണ്ടെങ്കിൽ ഇവകളും എതിർക്കുന്ന അപ്പടിയായും അവർ പാവം ചെയ്തോ തണ്ടനെ പെരുതലിൽ യാതൊരു മാറ്റത്തെയും കാണാഹുഴയും ഇവർ ഭൂമിയ മുൻ ഇരുമ്പവുകളും പാർക്കില്ല അവർ വലിമയിൽ ഇവർവിടെ മിക്കവുകള വാനങ്ങളിലോ ഭൂമിയോ ഉള്ള എം അല്ലാഹുവൽ ആക്ക മുട നിശ്ചയമാാവറ്റും നന്ദി േരാറ്റഡയവൻ മനെ അവർ സമ്പാദിത്ത തീ വിനക്കാ അല്ലാഹ് അവടനുക്കുടൻ പിടിച്ച് ദണ്ഡിപ്പതായി ഭൂമിയാണികൾ ഒന്നെയുമേ വിട്ടുവയ്ക്ക മാട്ടാ ആയിനും അവവണ വരെ അവക്കാതെ പരി അവടേയ തവണ വന്ന് വിട്ടാൽ നിശ്ചയമാൻ അടിയാറെ ഉറ്റ് നോക്കേണ്ട